ഈ വയസ്സനുസരിച്ച് ഇവിടെ ജീവിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം ശ്രുതി യുക്തി അനുഭവം എന്ന് മൂന്ന് കാര്യങ്ങളുണ്ട് ശ്രുതി എന്ന് പറയുന്നത് കേ മനസ്സിലാക്കുക യുക്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുണ്ട് മനസ്സിലാക്കുക അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് തീർക്കുക വേദന എന്നൊരാൾ പറഞ്ഞാൽ ആ വരെ വരെ അനുഭവിച്ചിട്ടുള്ള വേദനയിൽ കൂടെ ഒരാളിനെ മനസ്സിലാക്കാനൊക്കെ ഉള്ളു അതുപോലെ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ മരിക്കുന്നത് വരെയുള്ള അനുഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം എങ്ങനെ ഡിസ്പോസ് ചെയ്യപ്പെടും ശരീരത്തിന് മറ്റുള്ള ആളുകൾ വേഗിച്ച് കളയുമോ അത് ജലത്തിൽ അത് അഴുകിപ്പോകുമോ അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിനെ പഠിക്കാൻ കൊടുക്കുമോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഏകശാസ്ത്രം ഇതുമാത്രമേ ഉള്ളൂ അപ്പോൾ പൂർവ്വജന്മങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഈ ജന്മത്തിൽ ഗർഭത്തിൽ കിടക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം പ്രസവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആ ആത്മശക്തി പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞാൽ ആ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നും ആത്മഭാവത്തിന് എന്ത് സംഭവിക്കുമെന്നും പ്രതിപാദനം ചെയ്യുന്ന ഒരേ ഒരു ശാസ്ത്രം ഇത് നമ്മുടെ ജ്യോതിഷം മാത്രമേ ഉള്ളൂ അത് വെറും പൊരുത്തം നോക്കൽ മാത്രമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തിന് പൊരുത്തം നോക്കിക്കൊടുത്താലേ ഈ ജ്യോതിഷം പഠിക്കാൻ വന്ന് ഒരാഴ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊരാൾ ചോദിച്ചതാണ് സാറേ ഈ പൊരുത്തം നോക്കുന്നതിന് നമുക്ക് എത്ര രൂപ വാങ്ങിക്കാം അങ്ങനെയുള്ള മെൻറ്റാലിറ്റി നമുക്ക് വേണ്ട ഇത് ഈ ദൈവീകമായ ശാസ്ത്രമായതുകൊണ്ട് ശാസ്ത്രത്തിനോട് നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം പുലർത്തണം അതിലേക്ക് ശ്രദ്ധ വേണം ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഗുരുവിനോടും ഗുരുവാക്യത്തിനോടും നീതി പുലർത്തണമെന്നർത്ഥം ഗുരു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് റിയാലിറ്റി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തിയല്ല അപ്പോൾ ശാസ്ത്രത്തിനോടും ഗുരുവിനോടും ശ്രദ്ധ പുലർത്തുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുകയെന്നർത്ഥം നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ആത്മാർത്ഥത വേണം നമ്മൾ പഠിക്കുന്ന വിഷയം മറ്റുള്ള ആളുകളെക്കൂടെ ബാധിക്കുന്നതാണ് രോഗപ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ശരിയായിട്ട് നോക്കാതെ ഒരാളിന് ഇത്രാമത്തെ വയസ്സിൽ ഹൃദ്രോഗം വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം ആർക്കാണ് ഈ പ്രശ്നം വയ്ക്കാൻ വരുന്ന ആളിനും അതിൻ്റെ മുഴുവൻ ഈ പറയുന്ന ജോലിസിനുമായിരിക്കും വരുന്നത് ആ പാതകമെല്ലാം ആ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ വംശ പരമ്പര അനുസ് അനുഭവിക്കത്തക്കവണ്ണമായിരിക്കും വരുന്നത് അത് ശ്രദ്ധയില്ലാതെ ശാസ്ത്രത്തിന് വികലമാക്കി അതിൻ്റെ ഫലം വേറൊരാൾ അനുഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കർത്താവുന്ന ജോത്സ്യൻ്റെ പരമ്പരയ്ക്ക് ദോഷം വരുമെന്നർത്ഥം